മൃത്ഡോ നോഭാവശ്ദ ബുദ്ധിയവൃദ്ധിത നദോ നദുപത്തി മരട്ബുദ്ധി നിമിതി കാരണമുത് പരമാണു മടോ വിദ്യമാന ഘടബുദ്ധി കാരണമതി നദുപത്തി യുംപത്തി അതാണ് ഇവിടെ ചർച്ച ചെയ്ത് അസത്തിൽ നിന്നും ഉണ്ടാവുന്നില്ല ശൂന്യത്തിൽ നിന്നും ഉണ്ടാവുന്നില്ല ഇവിടെ ആദ്യം പറഞ്ഞ് സദൈവ സൗമ്യ എല്ലാം സത്തായിരുന്നു സൃഷ്ടിക്കുന്നു അത് കഴിഞ്ഞു അസദൈവ അങ്ങനെ ഒരുപക്ഷം പറഞ്ഞു എല്ലാം അസത്തായിരുന്നു അവിടെ ചോദ്യം എങ്ങനെ അത് സംഭവിക്കുന്നു അസ്വത്തിൽ നിന്ന് ശൂന്യത്തിൽ നിന്ന് എങ്ങനെ സൃഷ്ടിയുണ്ടാകും അസാധ്യമല്ല എന്നുള്ളത് പറഞ്ഞു ഇനി മറ്റു തരത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്താണ് മൃത് ബുദ്ധി ഘടബുദ്ധിഹി നിമിത്തം ചിന്താഗതിയാണ് ഘടബുദ്ധിക്ക് നിമിത്തമായിരിക്കുന്ന എന്താണ് മൃത്ബുദ്ധിയാണ് അതുകൊണ്ട് മൃത്ബുദ്ധി ഘടബുദ്ധിയെ കാരണം പാത്രം എന്നുള്ള ബോധം അതിന് കാരണമായിരിക്കുന്നത് മണ്ണെന്നുള്ള ബോധം മണ്ണെന്നുള്ള ബോധത്തിൽ നിന്നും പാത്രം എന്നുള്ള ബോധമുണ്ടാകുന്നു അതായത് മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാകുന്നു ാഹ്യമായിട്ട് വാസ്തവത്തിൽ മണ്ണ് നിന്ന് വേറിട്ട് ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ പാത്രം എന്ന് പറഞ്ഞ് രണ്ടാമതൊരു വസ്തു ഉണ്ടാവുന്നില്ലല്ലോ പിന്നെ എന്താ മണ്ണ് ആ പാത്രം എന്ന് പറയുന്നില്ല പാത്രം എന്നുള്ളൊരു ബോധം അങ്ങനെയും ചിന്തിക്കാം ഇത് പാത്രം എന്നുള്ളൊരു ബോധം എന്തുകൊണ്ടങ്ങനെ ഒരു ബോധമുണ്ടായി കാരണം മണ്ണെന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നുണ്ട് പാത്രം എന്ന് പറയുന്ന ബോധം ഉണ്ടാകുക മണ്ണെന്നൊരു ബോധം ഉണ്ടാകാതിരിക്കുക സംഭവിക്കത്തില്ല പാത്രമാണെന്നറിയുന്നവനും അറിയുന്നുണ്ടെന്താണ് ഇത് മണ്ണിൽ നിന്നുണ്ടായതാണ് മണ്ണെന്നുള്ള ആ ബോധം അതിൽ നിന്നാണ് പാത്രം എന്നുള്ള ആ ബോധമുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അത് പരമാർത്ഥമൃത് ഘടോവാസ്തി പരമാർത്ഥത്തിൽ ആ വിഷയത്തെപ്പെടുക ആ ബോധമാണ് ബോധമാണ് സൃഷ്ടിക്കണം കാരണം അങ്ങനെ പറയാം വിഷയമില്ല ബോധത്തിൽ നിന്ന് വേർട്ട് വിഷയമില്ല ഇത് വിജ്ഞാനവാദികളുടെ ഒരഭിപ്രായമാണ് എല്ലാം വിജ്ഞാനം മാത്രം പൂർണമായും അന്ധുവിതത്തോട് യോജിക്കുന്നതല്ല പക്ഷെ ഏകദേശം തദവി മൃത്ബുദ്ധി വിദ്യമാന വിദ്യമാനായ ഘടകുദ്ധിയെ കാരണം ആസ്വദ സത് ബുദ്ധി പറയുന്നത് അങ്ങനെ നിങ്ങൾ സ്വീകരിച്ചാലും എല്ലാം ബോധത്തിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി ഒരു എന്താണോ ബോധം സൃഷ്ടിക്കുന്നത് അപ്പോൾ ബോധത്തെ അംഗീകരിക്കുന്നു ബോധത്തിന്റെ ഉണ്മയെ അംഗീകരിക്കേണ്ടി ബോധത്തിന്റെ ഉണ്മയെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ശൂന്യത്തിൽ നിന്നും സൃഷ്ടി എന്നുള്ളത് സമർത്ഥിക്കാൻ കഴിയില്ല അതാണ് മൃത്ബുദ്ധി വിദ്യമാന വിദ്യമാനായോ ഘടബുദ്ധി കാരണം മൃത്ബുദ്ധി അങ്ങനെ ഒരു ബോധം മണ്ണെന്നുള്ള ബോധം തുടർന്ന് പാത്രമെന്നുള്ള ബോധം ഇങ്ങനെ പോകുന്നു ബോധത്തിന്റെ ഒരു പരമ്പര അതിൽ നിന്ന് വേറിട്ട് വസ്തുവില്ല എന്ന് പറയുമ്പോൾ ബോധത്തെ അംഗീകരിക്കുന്നു അതുകൊണ്ടും ശൂന്യതയിൽ നിന്നാണ് സർവമെന്ന് സ്വീകരിക്കാൻ സാധ്യമല്ല മൃത്കടബുദ്ധിയോർ നിമിത്ത നൈമിത്കതയ ആനന്ദര്യ മാത്രമേ കാര്യകാരണത്വം വിധി സത്തായി ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് വിജ്ഞാനവാദി എന്ന് പറയുന്നത് അതുപോലെ നിക്ഷണിക വിജ്ഞാൻ സർ അത് ബ്രത് ബുദ്ധി ഘടബുദ്ധി മണ്ണെന്നുള്ള ബോധം തുടർന്ന് പാത്രം എന്നുള്ള ബോധം ഇങ്ങനെ ഈ ബോധത്തിൻ്റെ ഒരു പരമ്പരയാണ് അത് പരസ്പരം കാര്യകാരണത്വില്ല ഒരു പ്രവാഹം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദീപം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു അത് ഒരു പ്രകാശകണങ്ങളുടെ ഒരു പ്രവാഹമാണ് പ്രകാശകണങ്ങൾ നിരന്തരമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു ആ ഇവരെ ദീപം എന്ന് അത് ഒരു പ്രകാശകണം കാര്യമില്ല അടുത്ത് വരുന്നത് പ്രകാശം ഒരു പ്രകാശ കണത്തിൽ നിന്ന് അടുത്തുണ്ടാകുന്നില്ല അതൊക്കെ പരസ്പരം കാര്യകാരണം ബന്ധമില്ല അത് പ്രകാശിക്കുന്നു മാത്രമാണ് ഒന്നിനൊന്ന് കാരണമാണ് ആ സമയം അതിലൊരു നൈരന്തിരിയുണ്ട് നനംതാണെന്ന് പറയുന്നത് ആ ഒരു ദീപം പ്രകാശിക്കുന്നു അത് അല്ലെങ്കിൽ ജലപ്രവാഹം ജലം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ജലത്തിന്റെ ഓരോ കണങ്ങളും തുടർച്ചയായി സഞ്ചരിക്കുന്നതിനാണ് ജലപ്രവാഹം എന്ന് പറയുന്നത് അതിനു വേണ്ടിട്ട് പറഞ്ഞു ഇതൊരു നദിയാണ് ഗംഗയാണ് യമുനയാണ് എന്താ അതിൽ ഒരു കണത്തിൽ നിന്നാണോ മറ്റൊരു കണ ഉണ്ടാകുന്നല്ല പല കണങ്ങളും ഒരുപോലെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു അതുപോലെ ഇതെന്താണ് ബോധത്തിന്റെ ഒരു പ്രവാഹം അതിൽ നിന്ന് വേറിട്ട് വസ്തുക്കളൊന്നുമില്ല വിജ്ഞാനം മാത്രം പരസ്പരം കാര്യകാരണ ബന്ധവും ഒന്നുമില്ല അതൊക്കെ നമ്മൾ അവർ പറയും ധനസമൃദ്ധി കൊണ്ട് കൽപ്പിക്കുന്നതാണ് എന്നാൽ ക്ഷണികമാണ് എന്ന് ബോധന്മാർ പറയുന്ന അതിന് ക്ഷണിക വിജ്ഞാനബോധത്തെ ഇവിടെ അതുപോലെ ചർച്ച ചെയ്യുന്നില്ല പക്ഷെ അതിൻ്റെ ഒരു ഒരു ഭേദത്തെവിടെ കാണിക്കുകയാണ് ഇന്നലെ ബുദ്ധിയോട് നിമിത്ത നിയമിക്കുക ആനന്ദരി മാത്രല്ലതോ കാര്യകാരണത്വം ഒരു പരസ്പരം ഒന്നിനു പുറകെ ഒന്നായിങ്ങനെ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നു കാര്യകാരണത്തോന്നും എന്ന് പറഞ്ഞാലോ എന്നുവെച്ചാൽ അതും ശൂന്യതയിൽ നിന്നും ഓരോ കണങ്ങളും ഏതോ ശൂന്യതയിൽ നിന്ന് പ്രകടമാകും ദീപം എവിടെ നിന്ന് വരുന്ന ആർക്കറിയാം ജ്വലിക്കുന്നുവെന്ന് മാത്രം അറിയാം അതേ പ്രത്യേക സ്ഥലത്ത് നിന്ന് വരുന്നതായി കാണുന്നുണ്ട് എന്താണ് ശൂന്യതയിൽ നിന്നാണ് എവിടെ നിന്നാണോ അത് വന്നത് ശൂന്യമാണോ അത് കാര്യകാരണത്തിന് വിധി ചെയ്യുന്ന ബുദ്ധി നാം നൈരന്തരീ ഗ വൈനാശിക നാംദിഷ്ട പറയുന്നത് ഇതിനൊന്നും യുക്തിയില്ല അത് ഒരു കല്പനകൾ എങ്ങനെ ബുദ്ധിയുടെ പ്രവാഹമാണ് ആ പ്രവാഹത്തിന് പരസ്പരം കാര്യ കാരണമില്ല പ്രവാഹത്തിന് ദൃഷ്ടാന്തം പറയാൻ ദൈവവും ജലവും മറ്റും പക്ഷെ ഈ പറയുന്നത് പോലെ അവർക്ക് പരസ്പരം കാര്യകാരണഭാവമില്ല അത് ക്ഷണികമാണ് എന്നൊന്നും ആ ദൃഷ്ടാന്തത്തിലൂടെ സമ്മർദ്ദിക്കാൻ സാധ്യമില്ല എവിടെയെല്ലാം ഈ പ്രവാഹവും മറ്റും കാണുന്നുണ്ട് അവിടെയെല്ലാം പരസ്പരം കാര്യകാരണഭാവമുണ്ട് യുക്തിയില്ല നടക്കുന്നു അതസ്വാമി അതിരി കഥംഖലപ്രകാരാണ് ആ അതുകൊണ്ട് നമ്മുടെ ഭാഷകാരം പറയുന്നത് ഇതെല്ലാ വഴിക്ക് ചിന്തിച്ചാൽ ശൂന്യതയിൽ നിന്നാണ് ഇത് പ്രകടമായതെന്നുള്ളതിന് യുക്തിയില്ല അതുകൊണ്ടാണ് ശ്രുതി പറയുന്നത് കഥം കേനപ്രകാരാണ് അസുദ സജ്ജ ഇതെങ്ങനെ സംഭവിക്കും ശൂന്യത്തിൽ നിന്നുണ്ടാകാൻ വഴിയില്ല അസുദിന ദിഷ്ടാന്തപ്രകാരവും അസ്ഥിത്യ അഭിപ്രായം താല്പര്യം ഇതാണ് ശൂന്യത്തിൽ നിന്നെല്ലാം ഉണ്ടായി എന്ന് പറയുന്നത് യാതൊരു യുക്തിയുമില്ല ദൃഷ്ടാന്തപ്രകാരം യുക്തി അതല്ല അതുകൊണ്ടത് അസംബന്ധമാണ് അസദ്വാദിപക്ഷം ഉന്മദ്ധ്യ വിസംഹരി സത്യസും ഇതുമെങ്കിൽ ആസീതി സ്വപക്ഷ സിദ്ധിയും ഇങ്ങനെ അസദ്വാദിപക്ഷത്തെ ഉന്മദ്ശേഷ ഖണ്ഡിച്ചിട്ട് ഉപസംഹരി ഉപസംഹരിക്കുന്നു എന്താണോ സത്വേവസ്വമേതമഗ്രഹി ഇത് സത് തന്നെയായിരുന്നു മറ്റൊന്നുമല്ല സ്വപക്ഷസിദ്ധി അതാണ് സിദ്ധാന് ശ്രുതിയുടെ പക്ഷപാതം ഭാഷകാരൻ ഈ ഖണ്ഡന മണ്ഡലങ്ങളൊക്കെ നടത്തുന്നത് വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നത് സ്വന്തം ശ്രുതിയെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടാണ് ശ്രുതി അങ്ങനെ ഒരു വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ശ്രുതി പറയുന്നു ഇത് അസത്യ നല്ല ഉണ്ടായത് രണ്ടുപക്ഷവും കാണിച്ചു സത്യം ഉണ്ടായി അസത്തലിനുണ്ടായി എന്നിട്ട് അതിനെ നിഷേധിച്ചു അതിന്റെ വ്യാഖ്യാനത്തിൽ സ്വാഭാവികമായിട്ടും ആ നിഷേധം വരുന്നു എന്നുള്ളതേയുള്ളൂ ഭക്ഷ്യധാരൻ മനഃപൂർവം വിജിഗീഷ് മറ്റുള്ളവരെ പരാജയപ്പെടുത്തുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് പന്നിടത്തുന്നല്ല എന്നാണ് പറയുന്നത് ശ്രുതിക്കനുസരിച്ച് പറയുന്ന ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞു അതാവശ്യമാണെന്ന് നോക്കുമ്പോൾ മനസ്സിലായി കാരണം മുമ്പ് പറഞ്ഞതുപോലെ വികല്പങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഭ്രാന്തി ഇല്ലാതാക്കുന്നതിന് അത്തരം ചർച്ച ആവശ്യമാണ് ഉപദേശം കൊണ്ട് മാത്രം തത്വത്തെ ഗ്രഹിക്കാൻ പറ്റില്ല മനസ്സ് സ്വയം അജ്ഞാന സംശയവികൽപ്പങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുമ്പോൾ അതിൽ കേവലമായ ഉപദേശം ഈ പൂർവപക്ഷ സിദ്ധാന്തരൂപത്തിൽ അല്ലാതെയുള്ള ഉപദേശം യാതൊരു പ്രസക്തി ഇത് മനസ്സിലാക്കാതെ പലരും ഭാഷകാരന്റെ പേരിൽ ആക്ഷേപം പറയുന്നെന്താണോ രീതി എന്ന് പറയുന്നത് പൂർവപക്ഷ സിദ്ധാന്തമാണ് മണ്ഡനമാണ് അത് ഓരോ ജീവന്റെയും മനസ്സിന്റെ രീതി മനസ്സ് അതുകൊണ്ടാണ് ഭാഷ്യകാരനെ ഖണ്ഡിക്കുന്നത് എന്തുകൊണ്ട് ഭാഷകാരനെ ഖണ്ഡിക്കുമ്പോഴും ഭാഷകാരനെ അവർ പൂർവോക്ഷമാക്കുന്നു തൻ്റെ സിദ്ധാന്തം തോന്നുന്നു ഇതൊന്നും ആർക്കും രക്ഷപ്പെടാൻ തുടങ്ങുന്നു ഭാഷകാരൻ ബൗദ്ധനെയും വൈശേഷികനെയൊക്കെ പൂർവോക്ഷമാക്കിയപ്പോൾ ഭാഷ്യകാരനെ പൂർവോക്ഷമാക്കിയിട്ട് ആൾക്കാർ പറയുന്നുണ്ടാണോ അങ്ങനെ ചെയ്തു അത് ശരിയല്ല ീ പറയുന്നവരും അതിൽ നിന്നും ആ ഭംഗിണമണ്ഡലത്തിൽ നിന്നും മുക്തരല്ല പക്ഷെ അതവര തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് ഭാഷ്യധാരനെ നിഷേധിച്ചാൽ അത് സ്വന്തം നിഷേധം തന്നെയാണ് താൻ പറയുന്നതിനെ താൻ തന്നെ നിഷേധിക്കും പണ്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനെ സ്വയം ചെയ്യും അതിൽ നിന്നാർക്കും മോചിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് മനസ്സിൽ വകൽപ്പമുള്ളതുകൊണ്ട് ആ വികല്പത്തെ ദൂരീകരിക്കുന്നതിൽ ചർച്ചയിലും ആ വരും അതിന് അസ്വാഭാവികമായിട്ടൊന്നുമില്ല ഇത് സ്വാഭാവികമാണ് മനു സദ്വാദനോപി സതുത്പത്തി ദേവി നൈവ ദൃഷ്ടാന്താന്തരോത്പത്തി അദർശന വീണ്ടും സദ്വാദത്തിലേക്ക് വരുന്നു വാദം എന്ന് വെച്ചാൽ ചർച്ച എന്നുള്ള അർത്ഥമാണ് നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥമല്ല വാദം വിവാദം വഴക്ക് ഇങ്ങനെയൊക്കെയാണ് മലയാളത്തിൽ അർത്ഥം പറയുന്നത് ഇവിടെ വാദം എന്ന് പറഞ്ഞാൽ ചർച്ച സത്വാദം എന്ന് വെച്ചാൽ സത്തിനെ കുറിച്ചുള്ള ചർച്ച ചിന്ത ചർച്ചയെന്ന് പറഞ്ഞാല് ശരിക്കും നമ്മളിങ്ങനെ വാചകം ചെയ്യുന്നതല്ല മനനം വിചാരം എന്നാണ് വാദത്തിന്റെ ശരിക്കുള്ള അർത്ഥം അപ്പൊ സത്വാദം എന്ന് വെച്ചാൽ സത്തിനെ കുറിച്ചുള്ള വിചാരം ഇതിലും ആൾക്കാരെ ശങ്കരാചാര്യ വലിയ വാദം പറയുന്ന ആളാണ് എന്നുപറയുന്നവരുണ്ട് ബുദ്ധിക്ക് ഇരുത്തം വന്നയാളല്ല എന്നിവരെ പറയുന്നവരുണ്ട് ആധുനിക വിദ്വാൻമാർ ഇതെല്ലാം സദ്വാദം സ്വനെക്കുറിച്ചുള്ള വിചാരം ചിന്ത അതാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ ഒരാൾ ജയിക്കാനും വേറെ പരാജയപ്പെടുത്താനും ജയിക്കണം അതിന് സ്വന്തം മനസ്സിന്റെ വികൽപ്പങ്ങൾ അതിനുള്ള വിചാരമാണ് അവിടെ പ്രതിവാദികളിൽ നിന്ന് തൻ്റെ മനസ്സുകൾ അതിന് ജയിക്കേണ്ട ആ നിശ്ചിന്തത സാധ്യമാണ് ആ ചിന്തയിലൂടെ സാധ്യമാവും അതുകൊണ്ട് സദ്വാദത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുകയാണ് സദ്വാദിനു സദസിനേവദിഷ്ടാന്തോസി പറയുന്നു വന്നതിന്റെ താല്പര്യം എന്തായി സദേവസൗമ്യമദ്രവാസി സത്തായിരുന്നു അടുത്ത് പറയുന്നത് അത് ഇങ്ങനെ സങ്കൽപ്പിച്ചു സങ്കൽത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടായി എന്ന് പറയുമ്പോ എന്തായി ഈ സൃഷ്ടി യാതൊരു സത്താണോ സത്തിൽ നിന്നും സത്തുണ്ടായിരുന്നു സൃഷ്ടിച്ചതെല്ലാം സത്താണെന്നാണ് നേരത്തെ പറഞ്ഞു സത്തിൽ നിന്നുണ്ടായത് അസത്താകാൻ വേണ്ടി സത്ത് തന്നെയാണ് ഇതെല്ലാം സത്താണ് അപ്പൊ സത്രിൽ നിന്ന് സത്തുണ്ടാകുന്ന എങ്ങനെ ഇത് നൈവ ദൃഷ്ടാന്ത നേരത്തെ എന്താ പറഞ്ഞത് ശൂന്യത്തിൽ നിന്നും ഒന്നും ഉണ്ടാകത്തില്ല മായിന്ന് നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞു നെല്ല് വിതയ്ക്കേണ്ട കാര്യമില്ല നെൽച്ചെടി അല്ലാതെ ഇന്നുണ്ടാവും ശൂന്യത്തി നിന്നും ഉണ്ടാവും പക്ഷെ നെല്ല് വിതച്ചാലേ നെൽച്ചെടി ഉണ്ടാവുന്നു അതുകൊണ്ട് എന്താ പറഞ്ഞത് സത്തിൽ നിന്ന് സത്ത് ഉണ്ടാകുന്നു അവിടെ ഈ ചോദ്യം ചോദിക്കാം സത്തിൽ നിന്ന് സത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രം ഉണ്ടാവുന്നുണ്ട് ഉണ്ടാവുന്നുണ്ടോ നിങ്ങൾ പറയുന്നെന്താണ് സത്തിൽ നിന്നുണ്ടായ സർവവും സത്താണ് ഇപ്പം മണ്ണിൽ നിന്നുണ്ടായ പാത്രങ്ങളെല്ലാം മണ്ണ് തന്നെ അങ്ങനെയുള്ള പാത്രത്തിൽ നിന്ന് വീണ്ടും വേറൊരു പാത്രം ഉണ്ടാവണം സത്തിൽ നിന്ന് സ്വത്തുണ്ടാവണം അത് ഗൃഹാന്തിരോത്പത്തി അദൃശ്യനാണ് അത് കാണുന്നുണ്ടല്ലോ സത്യമേവും പറയുന്നു നിങ്ങൾ ശരിയായ വഴിക്ക് ചിന്തിച്ചു വരികയാണ് സത്യം എന്ന് പറഞ്ഞാൽ ചർച്ചയുടെ ഇടയ്ക്ക് സത്യം പാഠം എല്ലാം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിൽ പകുതി സത്യം ഉണ്ടെന്നാണ് അർദ്ധാംഗീകാരം അങ്ങനെ സത്യം എന്ന് പറയുന്നത് ആ സത്യം മാത്രം എന്നുള്ള അർത്ഥത്തില്ല നിങ്ങൾ പറയുന്നത് ഏറെക്കുറെ ശരിയാണ് പിന്നെ സത സ്വതന്ത്രം ഉത്പത്തിയതേ പറഞ്ഞതിന്റെ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സത്തിൽ നിന്നും ഉണ്ടായതല്ല സത്ത് തന്നെ എന്ന് പറഞ്ഞാൽ അർത്ഥം സത്തിൽ നിന്നും സത്ത് ഉണ്ടാവുന്നു എന്നല്ല പിന്നെന്താണ് കിം ദർഹി എന്താണ് സദൈവ സംസ്ഥാന സത്ത് തന്നെ മറ്റൊരു രൂപത്തിൽ ആകൃതി എന്നാണ് അതാണ് സത്തിൽ നിന്നും ഉണ്ടായത് സത്ത് എന്ന് പറയുന്നതിന്റെ താ ആ സത്തിൽ നിന്നും മറ്റൊന്നും ഉണ്ടായി ദൃഷ്ടാന്തം പറഞ്ഞല്ലോ സുശക്തി സുശക്തിയില്ല കേത്ത് മാത്രമല്ല അത്യത്വം മാത്രം അവിടെ ഞാൻ മാത്രം എന്നെന്ത് ശരിക്കാൻ കഴിയില്ല ഞാനവിടെ ഉണ്ടായി പിന്നീട് പറയുന്ന അവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് ജാഗ്രത്തിലേക്ക് വന്ന് സ്വപ്നത്തിലേക്ക് വന്ന് ഇതെല്ലാം ഏകനായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ സംഭവിച്ചതല്ല അവിടെ ഏകനായിരുന്നു എന്ന് പറഞ്ഞാൽ സത്തായിരുന്നു ഇവിടെ എന്താ സംഭവിച്ചത് കൊണ്ടുവന്നപ്പോ ഇവിടെയും ഞാൻ തന്നെയാണ് മാറ്റം വന്ന് സംഭവിച്ചു ആ ഞാനിൽ നിന്നിവിടെ രണ്ടാമതൊരു ഞാനുണ്ടായി എന്നാ പറയാം സത്തിൽ നിന്ന് സത്തുണ്ടായി ഇവിടെ എന്താ അനുഭവം ആ ഞാൻ തന്നെ സുഷുതനായ ഞാൻ തന്നെ അവിടെ അസ്തിത്വത്തിന് മാറ്റം സംഭവിക്കുന്നു ഒരേ ഒരു അസ്തിത്വം തന്നെ അനുസ്യതമായിരിക്കും ഞാൻ തന്നെ സ്വപ്നം കാണുന്നത് സ്വപ്നം കണ്ടത് ഞാൻ തന്നെ ഉണർന്നിരിക്കുന്നത് ഞാൻ തന്നെ ഉറങ്ങിയത് അപ്പൊ അസ്തിത്വം മറ്റൊരു അസ്തിത്വത്തെ സൃഷ്ടിക്കുന്നില്ല ഇപ്പൊ സത്യം നിന്നുണ്ടായത് സത്വം തോന്നിയാൻ്റെ താല്പര്യം എന്താണ് ആ സത്ത് അനുവർത്തിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന സത്ത് സുഷൃത്തിയിലുണ്ടായിരുന്ന ആ സത്ത് അത് തന്നെ ഇപ്പോഴും ജാഗ്രത ഇതെന്താ മാറ്റം വന്നത് ഇവിടെ വന്നപ്പോൾ ആകൃതി വിശേഷത്തിന് മാറ്റമോ ഇവിടെ ഞാൻ തന്നെ പക്ഷെ ശരീരത്തോടെ മനസ്സോടെ ഇന്ദ്രിയത്തോടെ ബാഹ്യമായ നാമരൂപങ്ങളോടുകൂടി ഇതാണ് സംസ്ഥാനാന്തരം ഞാൻ തന്നെയാണ് ഉണ്മ്മയ്ക്ക് മാറ്റം സംഭവിക്കുന്നത് പക്ഷെ എന്തൊക്കെ മാറ്റം സംഭവിച്ചു അതിന് പൊതുവെ നമ്മൾ പറയും നാം രൂപാത്മകമായൊരു മാറ്റം സംഭവിച്ചു സത്തിൽ നിന്നുണ്ടായത് സത് എന്ന് പറഞ്ഞാൽ ആ സുഷൃത്തിയിൽ നിന്നും ഉണ്ടായിരുന്നു നമ്മൾ തരുന്ന ഇതെല്ലാം ആ സുഷുതിയിലാ ഉണ്മ തന്നെയാണ് ജാഗ്രത്തിന് സ്വപ്നത്തിന് സർവത്ര ഉണ്മ തന്നെയാണ് ആ ഉണ്മയിൽ സംസ്ഥാനാന്തരങ്ങൾ നാനാ രൂപങ്ങൾ ഞാൻ നീ പ്രപഞ്ചം എന്റേത് ഈ തരത്തില് ഇവിടെ മാറ്റം സംഭവിച്ചത് ഈ സംസ്ഥാനത്ത് ഈ രൂപങ്ങളിലാണ് മാറ്റം സംഭവിച്ചു തന്റെ അസ്തിത്വത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചില്ല അപ്പൊ സത്തിൽ നിന്നും സ്വത്തുണ്ടായിരുന്നു എന്താ താല്പര്യം അവിടെ സ്വത്ത് ഇതൊന്നും ഇല്ലാതിരിക്കും ഇവിടെ ഈ ഞാൻ ഇതെല്ലാം ഉള്ളവനായിത്തോന്നു രണ്ടടത്തും എനിക്ക് മാറ്റമില്ല സൊ എന്നിൽ മറ്റെന്തൈവ മാറ്റങ്ങൾ സംഭവിച്ചു അതിനോട് പറയുന്നു സദൈവ സംസ്ഥാനാന്തരീണ അവതിഷ്ടതയെ അവിടെ അത് ചുരുങ്ങിയിരുന്നു എന്ന് പറയാം അവ്യാകൃതം ഇവിടെ അത് വികസിച്ച് പ്രപഞ്ചരൂപത്തിലായി ഒരേ ഒരു സത്വം ഒരേ അത് ഒരു ശാസ്ത്രം നമുക്ക് ഇനി കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരുന്നതല്ല ഓരോ ജീവിന്റെ അനുഭവത്തെ പറയുകയാണ് സർവരോധം അനുഭവിക്കുന്നു പുസ്തകം നോക്കി പഠിക്കേണ്ട കാര്യം ഉറങ്ങിയ ഞാൻ തന്നെ ഉണർന്നിരിക്കുന്നു ആസ്തിത്വം അങ്ങനെയാണ് ഞാൻ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നു ആസ്തുത്വത്തിൽ യാതൊരു മാറ്റം കാണുന്നു മാറ്റം ഭാഹ്യമായി അവിടെ അവ്യാകൃതമായിരുന്നു എല്ലാം ചുരുങ്ങിയിരുന്നു വിലയിച്ചിരുന്നു ലയിച്ചിരുന്നു സംസ്കാര രൂപത്തിലിരുന്നു വാസനാരൂപത്തിലിരുന്നു അല്ലെങ്കിൽ ഏകീഭൂതമായിരുന്നു ഏത് ഭാഷേലും പറയാം അത് സത്തായിട്ട് തന്നെ ഇരുന്നു ഇവിടെ ഒന്ന് പന്ത വളരെ വികസിച്ചു അതിനൊരുദാഹരണം പറയുന്നതാ സർപ്പഹ കുണ്ടി ഭവതി സർപ്പം എന്ന് പറയുന്നത് നീണ്ടിരിക്കുന്ന ഒരു സാധനമാണ് പക്ഷെ അത് ചുരുണ്ടും ചുരുണ്ടും ചുരുണ്ടൊരു ചെറിയ പന്തുപോലിരിക്കും ശരിക്കും അത് ചുരുണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ സർപ്പം എന്ന് തന്നെ പറയാൻ കഴിഞ്ഞു ഒരു ഉരുള പോലിരിക്കും പക്ഷെ അത് എന്റെ ശരിയായ രൂപത്തെ കാണിക്കുമ്പോഴോ നീണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് സർപ്പമാണ് എന്താ എന്തെങ്കിലും മാറ്റം സംഭവിച്ചു ൂപാന്തരം മാത്രമേ സംഭവിച്ചുള്ളൂ ഈ രണ്ടവസ്ഥേനും സർപ്പം ഒന്നേ പക്ഷെ ഒന്നിനെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ഇതിൽ ചെയ്ത് സർപ്പമാണ് അതിന് നീളമുണ്ട് അത് ചലിക്കുന്നു അത് സഞ്ചരിക്കുന്നു അതിനും പണമുണ്ട് അതാകെ ഒരു പന്തുപോലായിക്കഴിഞ്ഞാൽ നമുക്കതിനെ തിരിച്ചറിയാൻ പ്രയാസമാണ് പക്ഷെ രണ്ടവസ്ഥയിൽ നിന്ന് ഒന്ന് തന്നെ സർപ്പം ഒന്നു വരുന്ന ഒരു വസ്തു അതിന് ചുരുണ്ടൊരു പന്തുപോലെയാകാം നീണ്ട അതിന്റെ ശരിയായ രൂപത്തിനും വരാം അതുപോലെ അത് ചുരുണ്ടൊരു പന്തുപോലെ ഏകീഭൂതമായിരിക്കുന്നതാണ് സുഷു അത് നീണ്ടതിന്റെ ശരിയായ രൂപത്തെ പ്രകാശിപ്പിക്കുന്നതാണ് പ്രപഞ്ചം ഇതുപോലെയുള്ള സത്വം സൃഷ്ടിയും കുണ്ടി ഭൂതിയും അതുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഒരേ സത്തിൽ തന്നെ സർപ്പത്തിനൊരു പ്രത്യേകതയുണ്ടാണോ അതിന് ചുരുണ്ടിരിക്കുമ്പോൾ നീണ്ടിരിക്കാൻ കഴിയാ നീണ്ടിരിക്കുന്നു ചുരുണ്ടിരിക്കാൻ കഴിയും രണ്ടും രണ്ടവസ്ഥയിലാണ് ഇവിടെ സത്ത് അങ്ങനെയല്ല അത് ഒരേ സമയം തന്നെ കേവലം സൺ മാത്രമായിരിക്കും അതേസമയം തന്നെ അത് പ്രപഞ്ചരൂപത്തിൽ ഞാനിപ്പോൾ ഉറങ്ങുന്നു വേറെ ആൾ ഉണർന്നിരിക്കുന്നു അനന്തമായ ജീവന്മാർ ഈ സത്തിൽ സുഷുപ്തമായിരിക്കുന്നു ജാഗ്രത ആയിരിക്കുന്നു സത്തിലിപ്പോ എന്താണ് ജാഗ്രത ആണോ അത് സുഷുപ്തിയാണ് ഇതെല്ലാം ഒരു സത്തിലാന്ന് നടക്കണം ഓരോ ജീവഭാവത്തിനും പല രൂപത്തിലിരിക്കുന്നു പേരിട്ടുള്ള സ്ഥലത്ത് എല്ലാവരും ഇപ്പം ഉറക്കത്തിലാണ് വെളിച്ചമുള്ള ഉണർവില്ലാണ് അവിടെ തന്നെ ഉറങ്ങുന്നവരാണ് സത്തിന്റെ പ്രത്യേകതയാണത് ഒരേ സമയം അതിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ സത്തിന്റെ സർവവ്യാപകത്വത്തെ മനസ്സിലാക്കാതെ ജീവഭാവത്തെ ചിന്തിക്കുമ്പോൾ എന്താണ് ആ സൃഷ്ടി മാത്രമേ ഞാനിനി വിശ്രമിച്ച് ഉറങ്ങുന്ന സമയത്ത് അവിടെ വിലയത്തെ പ്രാപിക്കുന്നു അത് കേവലം വ്യക്തിനിഷ്ഠമായി ചിന്തിക്കുന്നു വാസ്തവത്തെ അങ്ങനെ ഇതെന്താണൊരു അപാരമായ സമുദ്രത്തില് കുമ്മിളകളെ പോലെയാണ് ഒരു കുമ്മിള ഉയർന്നു വരുമ്പോൾ മറ്റൊന്നവിടെ നശിക്കുന്നു വേറൊന്നും നശിക്കുന്നു അനേകായിരങ്ങൾ നശിക്കുമ്പോൾ അനേകായിരം ഉണർന്നുകൊണ്ടിരിക്കുന്നു അനേകം കുമ്പളകൾ നശിക്കുന്നത് പോലെയാണ് ിത് സമുദ്രം അനേക ജീവന്മാർ സുഷിപ്തമായിരിക്കുന്നു അനേക ജീവന്മാർ ഉണർന്നിരിക്കുന്നു അപ്പൊ സത്തിലിത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ചിത് സംവിത് സമുദ്രം ചിത് സമുദ്രം എന്ന നടക്കുന്നത് അത് വഷ്ടിയിൽ സംഭവിക്കുന്നത് പോലെ തന്നെ സംഭവിക്കുന്നു എന്താണ് ഒരു സ്ഥലത്ത് ഒരു കല്പത്തിന്റെ തുടക്കം അവിടെ സൃഷ്ടി ആരംഭിക്കുന്നു ഒരു കൽപ്പം നിലനിൽക്കുന്നു നസിക്കുമ്പോൾ വേറെ സ്ഥലത്ത് എന്താണ് അത് ഒരു സ്ഥലത്തൊരു കല്പം ആരംഭിക്കുമ്പോൾ വേറിടത്ത് ഒരു കല്പത്തിന്റെ പ്രളയമാണ് മറ്റടത്തൊരു കൽപ്പത്തിന്റെ സ്ഥിതിയാണ് എങ്ങനെയാണോ അനന്ത ജീവന്മാർ ജാഗ്രത സ്വപ്നങ്ങൾ ഒരേ സമയം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുപോലെ ഈ സമഷ്ടിയിൽ അനന്തകല്പങ്ങൾ അനന്തകല്പങ്ങളിൽ സൃഷ്ടിസ്ഥിതി നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ജീവനുപ്പും ഈ ഒരു കല്പത്തിന്റെ അനുഭൂമിയാണ് ഈ സമുദ്രം അനന്തമാണ് അതുകൊണ്ട് അതിന് അനന്തമായ തൃഷ്ടെണ്ണമെടുക്കാൻ നോക്കത്തില്ല എത്ര കല്പങ്ങളിൽ എന്തല്ല സംഭവിക്കുന്നു അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ിൽ നിന്ന് സത്വമുണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോ എന്തായാലും താല്പര്യം അതിൽ പല രൂപാന്തരങ്ങൾ വരുന്നു സൃഷ്ടി സ്ഥിതി സംഹാരം ഈ തരത്തിൽ പലതരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് സത്യം നിന്ന് സ്വത്തമുണ്ടാകുന്നെന്ന് പറയുന്നില്ല താല്പര്യം യഥാശ അമൃ ചൂർണ പിണ്ട കപാലാദി പ്രഭേ ദൃഷ്ടാന്തം ഒരു മണ്ണ് തന്നെ അതിൽ ഏതായും മണ്ണ് അത് മൺ പൊടിയാകുന്നു പിന്നെന്താണ് അതിനെ വെള്ളം ചേർത്ത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അത് മണ്ണ് ഉരുളയായി പിന്നെ അതിനെ കുലാലം രണ്ട് ഓടിൻ്റെ കഷണങ്ങളാക്കുന്നു കപാലമായി അതിനെ രണ്ടിനെ കൂട്ടി ചേർക്കുന്നു ഒട്ടിച്ചെടുക്കുന്നു അപ്പോൾ ഒരു കുടമായി ഇതെല്ലാം ഒന്നിൽ തന്നെ സംഭവിച്ചുകൊണ്ടേ ഒരേ മണ്ണിന് പല കുലാലന്മാർ പല സ്ഥലത്ത് പല പണി വെള്ള സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെന്ന് പറയുന്നത് ഒരേ സമയം സർവത്ര സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രളയമായ ശേഷം സൃഷ്ടി അങ്ങനെയല്ല ഇത് അനന്തമായി ഒരേ കാലത്ത് സംഭവിക്കുന്നു അതാണ് സത്തിൽ നിന്ന് സത്തുണ്ടാവുന്നതെന്ന് പറയുന്നു യദ്യവം സദൈവ സർവപ്രകാരാവസ്ഥം കഥം പ്രാഗുത്പത്തെരിതമാ ആസ്ത് പറയുന്നു ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ആ സത്ത് തന്നെ സദാ സർവരൂപത്തി സദൈവ സർവപ്രകാരാവസ്ഥം ഒരേ മൃത്ത് തന്നെ ചുവർണവും പിള്ളവും കപാലവും പാത്രവും എല്ലാമായി മാറുന്നത് പോലെ ഒരേ സ്വത്ത് തന്നെ പലതരത്തിൽ പറഞ്ഞു ഇവിടുത്തെ ജാഗ്രത അവരുടെ സ്വപ്നം ഇവിടുത്തെ സുഷപ്തി ഇവിടുത്തെ സൃഷ്ടി മറ്റ സംഹാരം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് പറഞ്ഞു പ്രാഗുത്പത്തെ ഇതം ആസി സദേവ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നു ഉത്പത്തിക്കുന്നു സത്ത് തന്നെയായിരുന്നു എന്തിനു പറയണം എപ്പോഴും സത്താണല്ലോ സംയുക്ത സമുദ്രത്തിൽ നിരന്തരം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സർവത്ര ഇത് സത്താണ് രൂപാന്തരം സംഭവിക്കുന്നുണ്ട് സർവത്ര മൃത്ത് തന്നെയാണ് ഏത് എവിടെ ഏത് കുലാലിന് എന്തുണ്ടാക്കിയാലോ ഒന്ന് മൃത്ത് തന്നെ പ്രത്യേകിച്ച് ശ്രുതി എന്തിനു പറയണം പ്രാഗുത്പത്തി ഉത്പത്തിക്കുന്നു സത്തായിരുന്നു സമാനം പറയുന്നു അത് പറയുന്നതിനൊരു ഉദ്ദേശ്യമുണ്ട് എന്താണോ നിന്നെ ഇത് ബോധ്യപ്പെടുത്തണം നീപ്പോ സത്തിനെ ബോധ്യപ്പെടുന്നില്ല മറിച്ച് അതാ ബോധ്യപ്പെട്ടിരിക്കുന്നു ചേതഗേതു എന്താണ് ചേതഗേതുവിനോട് ത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേതഗേതു എന്ത് മനസ്സിലാക്കി ഇതം ഈ ഞാൻ എന്ന് മനസ്സിലാക്കും നമ്മൾ ആരോടെങ്കിലും ഒരാളോട് ത്വം പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താ മനസ്സിലാക്കുന്നത് ഞാൻ ഈ മനസ്സിലാക്കാൻ പറ്റും മനുഷ്യന്റെ ബുദ്ധി അങ്ങനെയാണ് ഗ്രഹിക്കുന്നത് ബഹുർമുഖമായി ഗ്രഹിക്കപ്പെടുന്നത് ഈ ഞാൻ എന്ന് പറഞ്ഞാൽ എന്തിനും ഗ്രഹിക്കും ഈ ശരീരത്തെ അല്ലെങ്കിൽ എന്നോട് ചേർന്നിരിക്കുന്ന എന്തോ അതെല്ലാം ഈ ഞാൻ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഇതേ ഗ്രഹിക്കാൻ പറ്റും ഇത് സഹജമായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി എന്താ പറയുന്നത് ഇതം ശബ്ദവാചിസ്യകാരി ഈ ഞാൻ ഞാനൊരു കാര്യമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നുള്ള ഞാൻ ജനിച്ചവനാണ് ഞാൻ കാര്യമായി മരിക്കുന്നവനാണ് കാര്യമായി കാര്യത്തിൽ ആർക്കാ സംശയമുണ്ട് അപ്പോ അങ്ങ് സൃഷ്ടിയുടെ പിറകിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ സുഷുപ്തിയിലേക്ക് കൊണ്ടുപോകുന്ന എന്തിനാണ് ഇതം ശബ്ദ വാച്യസ്യ കാര്യസ്യ സദേവ അത് തന്നെയാണെന്ന് ബോധിപ്പിക്കാം അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ത്വം നീ എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രഹിക്കുന്നതാണ് ഈ ഞാൻ പറയുന്നു തത് ആ സത്താണോ അതില്ലെങ്കിൽ ഇത് ബോധിപ്പിക്കാൻ പറ്റത്തില്ല സുഷക്തി എന്ന് പറയുന്ന ഒരു അനുഭവം ആത്മാവിനെ ബോധിപ്പിക്കാൻ സാധ്യമല്ല കാരണം എങ്ങനെയാണ് ബോധിപ്പിക്കുന്നത് സത് ഏവ സത്ത് തന്നെയാണ് എന്നാണ് ബോധിപ്പിക്കേണ്ടത് സത്ത് തന്നെയായിരിക്കുന്ന അവസ്ഥ സുഷുക്തി അല്ലാതെ വേറെയുണ്ട് സ്വപ്നത്തിൽ സത്ത് മാത്രമാണോ അല്ല അവിടെയും ആനയും ഉണ്ട് ഈ ജാഗ്രത്തിൽ സത്ത് മാത്രമാണോ അല്ല ഇവിടെയുണ്ട് ശരീരവും മനസ്സും ബുദ്ധിയും ഉണ്ട് കേവലം ആ മാത്രം അസ്തിത്വം മാത്രം അത് ഈ ജീവന് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ സുഷൃത്തി അല്ലെങ്കിൽ പറയാം സൃഷ്ടിക്കുന്ന മുമ്പ് എന്ന് പറയാം വിപ്രപഞ്ച സൃഷ്ടിക്കും മുമ്പ് അത് നമുക്ക് പരിചയമില്ല ഭാവന ചെയ്യാനേ പറ്റും അല്ലെങ്കിൽ യുക്തിയിലൂടെ അതിനെ ബുദ്ധിയിൽ സമർത്ഥിക്കാനേ പറ്റും മറ്റേതിനുഭവം അവിടെ എന്താണ് സദൈവ സത്ത് മാത്രം ഏവ ശബ്ദം ഉപയോഗിക്കുന്നതിനു വേണ്ടി മറ്റുള്ള സർവ്വ അനുഭവങ്ങളെ അവിടെ നിക്ഷേപിക്കുന്നു എന്നിട്ട് എന്താ പറയുന്നത് അത് സദൈവ എന്ന് പറയുന്നത് ത് എന്ന് ഉപദേശിച്ചപ്പോ എന്തിനാണോ ഗ്രഹിച്ചത് ത്വമെന്ന് ഉപദേശപ്പം ഗ്രഹിച്ചത് എന്താണ് ഇതം ഇതിനാണോ ഗ്രഹിച്ചത് ഞാൻ ഒരാളെ നീ എന്ന് വിളിച്ചാൽ എന്ത് സ്വയംകാര്യം ഞാൻ രാമൻ അല്ലെങ്കിൽ ഞാൻ കൃഷ്ണൻ അങ്ങനെ ധരിക്കും ഇതം തനിക്കെന്താണോ വെളിപ്പെട്ടിരിക്കുന്നത് ആ ഇതം അതേ ധരിക്കൂ അതിനെ ഇവിടെ ബോധിപ്പിക്കണെന്താണ് സദേവ അത് സത് മാത്രമാണോ അവിടെ ഒരു വൈരുദ്ധ്യം വരും ഞാനിതിനെ ഇതമെന്ന് ധരിച്ചുകൊണ്ടിരിക്കും ഇത് സത്ത് മാത്രം എങ്ങനെ ബോധ്യപ്പെടും അപ്പൊ അത് ഇവിടെ ബോധ്യപ്പെടുത്താൻ നോക്കത്തില്ല ഒന്നുകിൽ സൃഷ്ടിക്കുന്നു പറയണം അല്ലെങ്കിൽ സൃഷ്ടത്തിൽ എന്ന് പറയണം കാരണം അവിടെ മാത്രമേ ഉള്ളൂ എന്താണ് സദേവ അവിടെ ഉണ്ടായിരുന്ന സത്ത് തന്നെയാണ് ഇത് എന്നായി തുമസി ആ സത്ത് തന്നെയാണ് അതിവിടെ പറയുന്നു സദേവ ഈ കാണുന്നതെല്ലാം അപ്പോൾ ഇതം ശബ്ദം കൊണ്ട് ഗ്രഹിക്കുന്ന ഇതെല്ലാം എന്താണ് സത്ത് തന്നെയാണ് ഇത് എന്ന് ഗ്രഹിക്കുന്നതെല്ലാം അല്ലെങ്കിൽ അറിയുന്നതെല്ലാം വേദന ആണോ നമ്മൾ ഇതെന്ന് അറിയുന്നത് എല്ലാം സത്ത് തന്നെയാണ് ഇതെന്ന് അറിയുന്നിടത്തെല്ലാം സത്തിനെ ഗ്രഹിക്കുന്നുണ്ട് സത്തിനെ ഗ്രഹിക്കാതെ ഇത് എന്ന് ഗ്രഹിക്കാൻ പറ്റത്തില്ല സർവത്ര ആ സത്തിനെ തന്നെയാണ് ഇതം എന്നുള്ള ശബ്ദം കൊണ്ട് സത്തിനെ അറിയുന്നു പക്ഷെ എന്താണ് അവിടെ ആ വിവേകമില്ല സത്താണെന്നുള്ള വിവേകമില്ല മറിച്ച് ഇതാണെന്നുള്ള വിവേകമാണ് അന്ന് പറയുന്നത് നശ്രുതം ത്വയ എനക്ക് മനസ്സിലായില്ലേ എന്നാണ് എന്താണ് സദേവേ അവധാരണം ഇതം ശബ്ദ വാചസ് കാര്യസ്യ ഇതം ശബ്ദവാച്യമായിരിക്കുന്നെച്ചാൽ ഇത് എന്നറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് സർവവും സതേവ ആ സത്ത് തന്നെയായിരുന്നു എന്ന് ബോധ്യപ്പെടണമെങ്കിൽ സുഷത്തിയിലേക്ക് പോകണം എന്നുവെച്ചാൽ സുഷൃതിയെക്കുറിച്ച് ചിന്തിക്കണം അല്ലെങ്കിൽ ഈ സൃഷ്ടിക്കു മുമ്പ് അങ്ങനെ ഒന്ന് കൽപ്പിക്കണം ആ സൃഷ്ടിക്ക് മുമ്പെന്നുള്ള കല്പന എന്തുകൊണ്ടാണ് വരുന്നത് കുലാലനെ കണ്ടിട്ടാണ് കുലാലും പാത്രത്തെ ഉണ്ടാക്കുന്നു ആനന്ദവും മൃത്തുമാണ് ഇപ്പോൾ ഒരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് അതിന്റെ കാരണം മാത്രമായിരിക്കുന്നൊരവസ്ഥയുണ്ട് പ്രപഞ്ചത്തിലൊരു ദൃഷ്ടാന്തമുണ്ട് എന്നുവെച്ചാൽ പ്രപഞ്ചത്തിൽ ഒരു യുക്തിയുണ്ട് ഇവിടെ മണ്ണിന്റെയും പാത്രത്തിന്റെയും കാര്യത്തിൽ ഇതാണെങ്കിൽ ഇതുപോലൊരു കാര്യകാരണ ബന്ധം പ്രപഞ്ചത്തിൽ സർവത്ര കാണുന്നുണ്ട് ഈ കാര്യകാരണ അന്തർഭവിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനും ഒരു കാരണം വേണം അവിടെ അത് മൃത്തുപോലെ ഏകമായിരുന്നു ആ ഏകത്വം എന്താണ് അതാണ് സത് സത്വം ഉണ്മ അസ്തിത്വം അത് ഈ ഒരു പ്രാഗുത്പത്തെ ഉത്പത്തിക്ക് മുമ്പ് എന്ന് പറയാതെ അത് മനസ്സിലാക്കാൻ പ്രയാസം യുക്തിയില്ലാതെ അതുകൊണ്ടാണ് പ്രാഗുത്പത്തെ എന്ന് പറഞ്ഞത് മറിച്ചാണെങ്കിലോ ഇപ്പോഴും ഇത് സത്ത് തന്നെ അത് അടുത്ത് വ്യക്തമായി പറയും ീണ്ടും ഒരു സംശയം വരികയാണ് പ്രാപ്തം ദർഹി പ്രാഗുത്പത്തേരാസുദേവ് ആസി ശബ്ദവാച്യം ഇതാനിയും ഇതം ജാതം സാധാരണ അദ്വൈതത്തിന് വരുന്ന ഒരു തെറ്റിദ്ധാരണ അതിന് ഇവിടെ തിരുത്തുകയാണ് എന്തും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള അതേ പ്രകടനഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഈ പ്രകടനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഭാഷ്യം എത്രയോ വിസ്തൃതമാണ് ഭാഷ്യം ആ ഭാഷ്യത്തിന്റെ ആശയങ്ങളെ സാധാരണ ഒരു മനസ്സിലാക്കാൻ പ്രയാസം അതുകൊണ്ട് അതിനെ ഒരു ഗുളിക രൂപത്തിലാക്കി അതിനൊന്ന് സംഗ്രഹിച്ച് ഒരാളെ എളുപ്പം കാര്യം മനസ്സിലാക്കാതിന് വേണ്ടിയിട്ടാണ് പ്രകടനങ്ങൾ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് ഭാഷകാലശേഷം പുൽക്കാലത്ത് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ വിവേക ചൂടാമി പോലെയുള്ള പുസ്തകങ്ങൾ തത്വമസീൻ തത്വമസീയുടെ വ്യാഖ്യാനം പോലെയാണ് തത്വമസിന്ന് പറയുന്നത് മതി അതിന്റെ ആവശ്യമുള്ളു പക്ഷേ അത് കേട്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ എന്റെ വ്യാഖ്യാനം സൂത്രവും ഭാഷയും പോലെ സൂത്രത്തിന്റെ ആവശ്യമേ ഉള്ളൂ പക്ഷേ സൂത്രം വായിച്ചാലൊന്നും മനസ്സിലാക്കില്ല ഭാഷയും വേണം അങ്ങനാണ് ഭാഷകാരൻ ഭാഷകൾ ആ ഭാഷ്യത്തെ വീണ്ടും സൂത്രമാക്കിയാലോ അതേ ദോഷം വരും ഭാഷത്തിൽ നിന്ന് ഉണ്ടാക്കിയ സൂത്രമാണ് തൽക്കാലത്ത് നിന്ന് ഈ പ്രകടനങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാൽ അത് മതി സാധാരണ ഒരാൾ അത് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായി അദ്വൈതത്തിന് ഈ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് സാധാരണ ബുദ്ധിയുള്ളവരാണ് വിവേക ചൂടാമണി പോലെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അയാൾ തെറ്റിദ്ധരിക്കത്തേ ഇത് അദ്വൈതത്തിന് മാത്രമാണ് എല്ലാ ശാസ്ത്രത്തിനും ഈ ഒരു സ്ഥിതി സംഭവിച്ചിട്ടുണ്ട് ഏത് ശാസ്ത്രം എടുത്താലും ശരി യക്ഷിമാര് എഴുതിയ സൂത്രങ്ങളുടെ വ്യാഖ്യാനവും ഭാഷ്യവും മറ്റും പിന്നീടുള്ള ആചാര്യന്മാരെ സംഗ്രഹിച്ച് മനസ്സിലാക്കി ശ്രമിച്ചപ്പോൾ അതിൽ ഒരുപാട് ആശയക്കുഴപ്പം വന്നിട്ടുണ്ട് ഇപ്പോൾ വ്യാകരണ സൂത്രങ്ങൾ പാണിനിണ്ടായി സൂത്രം മനസ്സിലാകാത്ത കൊണ്ടാണ് ഭാഷ്യത് മഹാഭാഷ്യ അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ലഘു സിദ്ധാന്ത സിദ്ധാന്തം പക്ഷേ അത് പഠിക്കുമ്പോൾ ഈ സൂത്രം പഠിക്കുമ്പോൾ വരുന്ന ഗതിയുടെ അതിനും വരും ശരിക്കും മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം ഭാഷ്യം തന്നെ പഠിക്കും അത് വൈശേഷിക സൂത്രം ന്യായസൂത്രം അതിനെല്ലാം വിൽക്കാലത്ത് രൂപാന്തരമൊന്ന് കറക്ത സംഗ്രഹം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷെ ശരിയായ കാര്യം മനസ്സിലാകണമെങ്കിൽ ഭാഷ്യം പഠിക്കും യോഗസൂത്രം എന്താണ് യോഗസൂത്രം ശരിയായി മനസ്സിലാക്കണമെങ്കിൽ വ്യാസഭാഷ മനസ്സിലാക്കണം അല്ലാതെ യോഗം എന്താണെന്ന് മനസ്സിലാകത്തില്ല സർവത്രയും തകരാറുണ്ട് പിൽക്കാലത്ത് അതിന് സംഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ മൂല്യം ഒരുപാട് പോയി തെറ്റിദ്ധാരണകളും ഉണ്ടാവും അത് അദ്വൈതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് മുഖ്യമായും വരുന്നത് ഈ സത്ത് മിഥ്യ രണ്ട് വിഷയങ്ങളിലാണ് ജഗന്മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്തവൻ ഒരു ശാസ്ത്ര ഒന്നും അറിയാത്തവനും അതിൽ നിന്ന് ഒരാശങ്കിക്കും അവൻ ധരിക്കുന്ന ആശയം എന്തായിരിക്കും ശൂന്യവാദം ശങ്കരാചാര്യ നിഷേധിച്ചു ശൂന്യമാണ് ജഗത്തില്ലാത്തതാണ് എന്ന് പറയുമ്പനുഭവത്തിന് വിരോധമാണ് പറയുന്നു ഉടനെ ചോദ്യം ചെയ്യും ശങ്കരായൊക്കെ വിവരമില്ല എന്ന് പറയും ജഗത്തില്ലാത്താണെന്ന് പറഞ്ഞു അങ്ങനെ ധരിച്ചുകൊണ്ട് എത്ര പേരാ പ്രസംഗിക്ക് ശങ്കരായ പറഞ്ഞു പ്രപഞ്ചം ഇല്ലാത്തതാണ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ മരിശുന്യമാണ് ഇല്ലാത്താണെന്ന് പറഞ്ഞു പ്രസവതാണോ അല്ല നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമല്ലേ പറഞ്ഞിരിക്കുന്നു അത് ഈ പറയുന്നവന്റെ കുഴപ്പമല്ല കാരണം ഈ പ്രകടനഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇത് മനുഷ്യന്റെ ബുദ്ധിയെ തിരിച്ചു കളയുന്ന ഒരു സാധനമാണ് അദ്വൈതം മനസ്സിലാക്കണമോ ഭാഷയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം എന്നാൽ എന്താണ് അദ്വൈതം എന്നുള്ളത് ശങ്കരാചാര്യ താല്പര്യം എന്നത് മനസ്സിലാവും വിവേക ചൂടാമണി എന്ന് മനസ്സിലാക്കാൻ പോകരുത് അബദ്ധമാണ് വിവേക ചൂടാമണി അബദ്ധം എന്നല്ല വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അബദ്ധത്തി എത്തിച്ചേരും അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ അത് ഭാഷയത്തിൽ നിന്നും നല്ലാതെ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അത് എഴുതിയ ആചാര്യന്മാർക്കൊരു സതുദ്ദേശം ഉണ്ടായിരുന്നു അത് എളുപ്പത്തിൽ കാര്യം കഴിക്കാറുണ്ട് കുറുക്കു വഴിയിൽ പലപ്പോഴും അപകടമാണ് കുറുക്കു വഴിയിൽ കാര്യശേഖിക്കാൻ പറ്റാറില്ല പക്ഷേ അദ്വൈതം മനസ്സിലാക്കുന്നവർ മിക്കവാറും പേര് ഇത്തരം പ്രകടനഗ്രന്ഥങ്ങൾ വായിച്ച് കൃതാർത്ഥരാകുകയാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആ പ്രകടനഗ്രന്ഥങ്ങളുടെ താല്പര്യമൊന്നും മനസ്സിലാക്കണമെങ്കിൽ പിന്നെ ഭാഷയും മനസ്സിലാക്കണം പിന്നെ അതിന്റെ ആവശ്യമില്ലാതെ അങ്ങനെ ഒരു സമ്പ്രദായം അങ്ങനെ പ്രചരിച്ചു എന്താണോ ആദ്യ ആത്മബോധം പിന്നെ തത്വബോധം വന്ന് അവസാനം ഭാഷത്തിലെത്തിച്ചേരുക അല്ലാതൊന്നും ആദ്യം ഭാഷകാരൻ അതൊക്കെ എഴുതിയിട്ടാണ് ഇങ്ങനെ ഭാഷ എഴുതിയത് ആ ഭാഷ്യം മനസ്സിലാക്കുന്നതിന് ക്ലേശമുണ്ട് ആ ക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ അത്രയും ചെറിയ ബുക്ക് കഴിക്കുക അതിന് പ്രയോജനം ഉണ്ട് എന്താണ് അതിൽ നിന്ന് അദ്വൈതത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കും അങ്ങനെയൊരു പ്രയോജനം ചെയ്യും ശരിയായ അദ്വൈതം അദ്വൈതത്തിന്റെ മുഖ്യമായി രണ്ട് വിഷയങ്ങൾ ബ്രഹ്മസത്യം ജഗത്മിഥ്യ ഇത് ഭാഷ്യത്തിൽ നിന്നേ മനസ്സിലാക്കാൻ ഭാഷ്യത്തിന്റെ വഴിക്ക് ജീവിച്ചാലും മനസ്സിലാവും മറ്റേതില് രണ്ടു വാക്കുകൾ ബ്രഹ്മസത്യം ജഗത്മിത്യ അത് വഴിഞ്ഞിട്ടിക്കുന്നതാണ് എന്താണ് ആ മിഥ്യാസം എന്താണ് സത്യത്വവും ഇത് രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണ് ബ്രഹ്മസത്യം ജഗന് മിഥ്യ എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ട് അധരിക്കുന്നു അതാണ് ഈ പ്രകട ഗ്രന്ഥങ്ങൾ വരുന്ന ഒരുപ്പഴം വാസ്തവത്തിന് രണ്ടും ഒന്നാണ് അതെങ്ങനെ ഒന്നാകുന്നതാണ് ഇവിടെ പറയുന്നത് പ്രാത്തം നധി പ്രാപുത്പത്തെ അസദേവാസി അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു സൃഷ്ടിക്കും മുമ്പ് അസത്തായിരുന്നു എന്നാ ഇതം ശബ്ദവാച്യം ഇദാനിയും ഇതം ജാതം ഇതെല്ലാം ഇപ്പൊ ഉണ്ടായി ശബ്ദവാചം ഇതെല്ലാം എന്താണോ അസത്തായിരുന്നു ഇപ്പൊ ഇതെല്ലാം ഉണ്ടായി ഇതാണോ താല്പര്യം അങ്ങനെയാണോ ധരിക്കേണ്ടത് പ്രപ്തന്ത്രി ഹി പാർത്വത്തെഹ് അസ്ഥദൈവ ആസീത് ഇതം ശബ്ദവാക്യം മുമ്പ് അസത്തായിരുന്നു ഇതം ശബ്ദവാക്യുമായി ഒന്നും ഉണ്ടായിരുന്നില്ല ഇതാനി ഇതം ജാതകം ഇതെല്ലാം ഉണ്ടായി ഇങ്ങനെയൊക്കെയാണോ മനസ്സിലാക്കേണ്ടത് സാറിനോട് മനസ്സിലാക്കുന്നത് അല്ല സതേവ ഇതം ശബ്ദ ബുദ്ധിവിഷയതയാ അവസ്ഥാന ഇവിടെ മനസ്സിലാക്കേണ്ട ഇതാണ് എന്താണോ സത് തന്നെയാണ് സദേവ ഇതം ശബ്ദ ബുദ്ധിവിഷയതയ അവസ്ഥ ആ സത്ത് തന്നെയാണ് ഇതം ശബ്ദ ഇതം എന്ന് പറയുന്ന ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായി പ്രസിദ്ധ ചെയ്യുന്നു സത്ത് മനസ്സിലാക്കേണ്ടത് സൃഷ്ടിക്കും മുമ്പ് അല്ലെങ്കിൽ സുഷൃപ്തിയിലുണ്ടായിരുന്ന ഏതൊരു സത്താണോ ആ സത്ത് തന്നെയാണ് ഇപ്പോൾ പ്രപഞ്ചമായി ഇതം ശബ്ദ ഇതം എന്ന് പറയുന്ന ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായി രണ്ടാണല്ലോ ശബ്ദവും ബുദ്ധിയും എന്ന് പറഞ്ഞാൽ ഇപ്പോ ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായി എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ അതല്ല സത്ത് ഇവിടെ രണ്ട് സത്തുണ്ട് സൃഷ്ടിക്കുന്നു സത്ത് പിന്നെ ഒരു സത്ത് അങ്ങനെയുണ്ട് ഒരേ ഒരു സത്ത് തന്നെ അത് സൃഷ്ടിക്കുന്നു മുമ്പ് അല്ലെങ്കിൽ സുഷുപ്തി കുറച്ചുകൂടെ എളുപ്പം അതാണ് ആ സത്ത് സുഷുപ്തിയിൽ ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിരുന്നില്ല ആ സത്ത് ഇപ്പോ ഉണർന്നു കഴിഞ്ഞപ്പോ ആ സത്ത് ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമാണ് അപ്പോ ഇവിടെ സത്തിനെന്തെങ്കിലും മാറ്റമുണ്ട് ശുദ്ധയിലുണ്ടായിരുന്ന അതേ സത്ത് തന്നെ അവിടെ എന്തായിരുന്നു ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അസത്വം എന്ന് വേണമെങ്കിൽ ഇപ്പോ ആ സത്ത് എന്ത് ഇതം ശബ്ദ ബുദ്ധിവിഷയതയ അവസ്ഥാന സൈവ ആ സത്ത് തന്നെ ഇപ്പോ ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിരിക്കുന്നു അപ്പോ ഉണർവിനും സ്വപ്നത്തിനുമെല്ലാം ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിരിക്കുന്ന ആ സത്ത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എവിടെ അമിത്യ ഇവിടെ ഏതെങ്കിലും മിഥ്യ എന്ന് പറയും ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയവുമായി ഇരിക്കുന്ന എല്ലാ സത്ത് തന്നെയാണെങ്കിൽ സത്തല്ലാതെ രണ്ടാമതൊന്നുമില്ലല്ലോ മിഥ്യപ്പിഥ്യ എന്ന് പറഞ്ഞു തള്ളാൻ നട്ടെന്നുണ്ട് നമ്മൾ മിഥ്യ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നു ഈ പ്രപഞ്ചത്തെ ബ്രഹ്മത്തിൽ നിന്ന് ബഹിഷ്കരിക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്ങനെ ബ്രഹ്മം സത്യം പ്രപഞ്ചം മിഥ്യ ഇവിടെ എന്താ പറയുന്നത് ഈ പ്രപഞ്ചമായി അനുഭവപ്പെടുന്ന എന്താണ് പ്രപഞ്ചത്തെ നമ്മൾ രണ്ട് തരത്തിലാണ് ഒന്ന് ശബ്ദം മറ്റൊന്ന് ബുദ്ധി രണ്ടു തരത്തിലാണ് പ്രപഞ്ചം അനുഭവപ്പെടുന്നത് ആ ശബ്ദബുദ്ധിയിലൂടെ എന്തറിയപ്പെടുന്നു ഈ നാമരൂപങ്ങൾ അറിയപ്പെടുന്ന ഇതെല്ലാം സർവവും ഇത് ഇവിടെ പറയുന്ന എന്താണ് സത് ഏവ തന്നെയാണ് ഇവനോട് സത്ത് അസത്ത് എന്നങ്ങനെ തിരിക്കും തിരിക്കാൻ കൂടി രണ്ടില്ല ഒന്നേ അപ്പൊ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താൽപ്പര്യം ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞാൽ അദ്വൈതത്തിൽ അതിന്റെ എന്താണ് ഈ ശബ്ദത്തിലൂടെയും ബുദ്ധിയിലൂടെയും അനുഭവപ്പെടുന്ന ഇത് സർവവും സത്യം തന്നെ ഇത് അടിവരായിട്ട് മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യമാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ബ്രഹ്മസത്യം ഒന്നും ജഗത്മിഥ്യ എന്ന് പറഞ്ഞാൽ താല്പര്യമൊന്നും ഇത് ഭാഷ്യകാരൻ പറഞ്ഞാലേ മനസ്സിലാവും ഭാഷ്യത്തിലൂടെ ഞാൻ മനസ്സിലാവും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുധരിക്കുന്നതാണ് ബ്രഹ്മം സത്യം ജഗത്ത് ഇല്ലാത്തത് എന്നാണ് ഇല്ലാത്ത ശൂന്യം അത് നമുക്കൊരിക്കലും ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ഈ ജഗത് മിഥ്യാർത്ഥ കാരണം ഇല്ലാത്തതിനെങ്ങനെ ബോധ്യപ്പെടും ഉണ്ട് എന്തെങ്കിലും ബോധ്യപ്പെടണമെങ്കിൽ ഉണ്ടായിരിക്കില്ലേ ഇല്ലാത്ത എങ്ങനെ ബോധ്യപ്പെടും എല്ലാ കാര്ക്കും ഇങ്ങനെ എവിടെയെങ്കിലും ബോധ്യപ്പെട്ടു ഉള്ളതേ ബോധ്യപ്പെടാൻ പറ്റും ഇവിടെ മിഥിയാണ് ഇല്ലാതാണെന്ന് പറഞ്ഞാൽ വെറുതെ പറയും കഴമ്പില്ലാതെ പറയും ഗുരു പറയും ശിഷ്യന് ഏറ്റുപറയും രണ്ടുപേർക്കും മെണി ഉണ്ടാകത്തില്ല പക്ഷെ ഇത് മനസ്സിലാക്കാൻ എന്താണ് ഇത് സത്താണോ പ്രപഞ്ച സത്താണോ അതെപ്പോഴും സത്താണ് നമ്മുടെ അനുഭവത്തിനും അതാണ് അസുഷൃപ്തിയിലും താൻ തന്നെയാണ് സുപ്തനായിരുന്നത് തന്റെ അസ്തിത്വത്തെ അവിടെ നിഷേധിക്കേണ്ടി വരുന്നത് ജാഗ്രത്തിന് വന്നാണോ അവിടെയും തന്റെ അസ്തിത്വം തന്നെ ബാഹ്യമായിട്ടാണെങ്കിലോ അവിടെയും സർവത്ര അസ്തിത്വം അസ്തിത്വത്തിന്റെ അനുഭവമാണ് സർവത്രം നേരത്തെ പറഞ്ഞു സത്സമാനാധിക ആ സത്തിൽ സർവവും പ്രതീതമാകുന്നു ആർക്കെങ്കിലും ഇവിടെ സത്തിലല്ലാതെ എന്തെങ്കിലും പറയ പ്രതീതമാകുന്നുണ്ടോ സർവവും സത്തിലാ പ്രതീതമാകുന്നു നിഷേധവും അങ്ങനെ നാസ്തി അല്ല ഇല്ല ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശരി അത് സ്വത്തിലാണ് പ്രതീതമാകുന്നത് പറയുന്നു പുസ്തകമുണ്ട് അസ്തിത്വം പ്രതീതമാകുന്നു അവിടെ നമ്മളെന്ത് പറയും പുസ്തകത്തിൻ്റെ ഇല്ലായ്മയുണ്ട് അവിടെ അസ്തിത്വമാണ് പ്രതീകമാകുന്നു നിഷേധിക്കുന്നിടത്തും അസ്തിത്വമാണ് പ്രതീതമാകുന്നത് പിന്നെ മിഥ്യാത്വം എവിടെയാണ് അത് തെറ്റിദ്ധാരണയെന്ന് രജു സർപ്പ ദൃഷ്ടാന്തമാണ് അതാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് അത് അദ്വൈതത്തിന് വിരുദ്ധമായി ധരിക്കുമ്പോൾ എന്താ രജ്ജുവിലൊരു സർപ്പമുണ്ടായി ആ സർപ്പം പിന്നീട് പോയി ആ സർപ്പം മിഥ്യയാണ് അതുപോലെ ഈ പ്രപഞ്ചം മിഥ്യയായി എന്നൊക്കെ ധരിക്കുന്നു തെറ്റായി മനസ്സിലാക്കുന്നു രജ്ജുവിൽ സർപ്പം ഉണ്ടായിന്ന് ഭാഷകാരൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ആ സർപ്പപ്രതീതി രജ്ജുവാണെന്നാ പറയുന്നു സർപ്പപ്രതീതി രജ്ജുവാണ് പ്രപഞ്ചപ്രതീതി സത്താണ് ഇതാ പറയുന്നത് അല്ല അവര് സർപ്പം അവിടെ വന്ന് പിന്നെ അവിടെ നിന്ന് പോയി ആ ദൃഷ്ടാന്തം വെച്ചുകൊണ്ടും ഭാഷകാരനെ ഊർഷിക്കും എന്താണ് ജ്ജുവിലെ ഒരു സർപ്പം എന്നതുപോലെയാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ശരിയാകും ഈ പ്രപഞ്ചം എൻ്റെ അപ്പൻ്റെ കാലം മുതലേ ഉള്ളു ഉള്ള പ്രപഞ്ചമാണ് അത് സംഗ്രഹര് പറയുന്ന പോലെ സർപ്പം പോലെ ഉണ്ടായി മറഞ്ഞു പോകുന്നതാണോ അതെങ്ങനെ മിഥ്യ എന്ന് പറയുന്നിടത്ത് നമ്മുടെ കാശക്കുഴക്കമുണ്ട് മിഥ്യെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ വരുന്നൊരു നിഷേധാർത്ഥമാണ് അതിന് നിഷേധാർത്ഥം അല്ല രജ്ജു സർപ്പം എന്ന് വെച്ചാൽ രജ്ജു സർപ്പമായി പ്രതീതമാകുന്നു അവിടെ പ്രതീതമാകുന്ന എന്താണ് രജ്ജു ആണോ സർപ്പമല്ല അതിനുള്ള പറഞ്ഞ എന്താണ് ശബ്ദബുദ്ധി വിഷയതയോ ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിരിക്കുന്നവിടെ സർപ്പം തന്നെ രജ്ജ തന്നെ സർപ്പല്ല പ്രപഞ്ചമായി പ്രതീതമായിരിക്കുന്ന സത്ത് തന്നെ ഇവിടെ രണ്ടാക്കാനില്ല അദ്വൈതത്തിനങ്ങനെ രണ്ടുപേരും ഒരു സത്യം പേരും വിധിയെങ്ങനെ വരും അങ്ങനെ അത്രയും മണ്ടനാണ് അല്ലണ്ടോ അപ്പോൾ ആ പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാവുന്നു ഇതെന്തോ രണ്ട് കാര്യങ്ങളെ പറയുന്നതെന്ന് ധരിക്കും ബ്രഹ്മസത്യം എന്ന് പറയുന്ന ഒരു കാര്യം പ്രപഞ്ചം വിധിയെന്ന് പറയുന്ന മറ്റൊരു കാര്യം അങ്ങനെ തന്നെ അതെല്ലാം നമ്മുടെ വ്യക്തമാക്കും സതൈവ ബുദ്ധി വിഷയതയ അവസ്ഥാന ആ സത്ത് തന്നെയാണ് ഇതം എന്ന് പറയുന്ന ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായി സ്ഥിതി ആ സത്ത് തന്നെ നാമരൂപാത്മകമായി പ്രപഞ്ചരൂപത്തിൽ അനുഭവപ്പെടുന്ന ശരീരവും മനസ്സും ബുദ്ധിയും കരണങ്ങളും ബാഹ്യമായതും ഞാനും എന്റേതുമായി അനുഭവപ്പെടുന്ന സർവമെന്താണോ ആ സത്ത് തന്നെ ആ സത്തിന്റെ അനുഭവം വ്യക്തമായിട്ടുണ്ട് സത്ത് അല്ലെങ്കിൽ ഉന്മാതിലൊരിക്കലും ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അത് സ്വയം സ്ഫിരിക്കുന്നതാണ് സ്വയം പ്രകാശിക്കുന്നതാണ് അതിനെങ്കിലും മറിഞ്ഞിരിക്കാൻ അതിനെ വിളിക്കാൻ ഒരിടമില്ല പ്രാപഞ്ചികമായ വിഷയങ്ങൾ പലതും മറിഞ്ഞിരിക്കുന്നു മറിഞ്ഞിരിക്കുന്നതല്ല നമ്മൾ അന്വേഷിക്കണം കണ്ടുപിടിക്കണം വലിയ ജോലിയാണത് സത്യനൊരിക്കലും മറിഞ്ഞിരിക്കാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ അതിനെ അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും നോക്കത്തില്ല അതുകൊണ്ടാണ് മുക്തി നിത്യസിദ്ധം എന്നീ ശങ്കരചാരം പറയുന്നത് സ്വതസിദ്ധം നിത്യസിദ്ധം സ്വയം പ്രകാശം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം എന്ന് വെച്ചാൽ അത് നിത്യമായി ശുദ്ധമാണോ നിത്യമായി മുക്തമാണോ നിത്യമായി ശുദ്ധമാണ് എല്ലാത്തിനോടും നിത്യം ചേർത്താ പറയും നിത്യവും ശുദ്ധവാണെന്നല്ല നിത്യവും ശുദ്ധമാണ് നിത്യവും ബുദ്ധമാണ് നിത്യവും മുക്തമാണ് എപ്പോഴും അതങ്ങനെയാണ് എന്നാ പിന്നെ ഇതല്ല എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് കുറ്റം ഇത് മനസ്സിലാക്കിയാൽ അത് നിത്യവും ശുദ്ധവും നിത്യവും മുക്തവും നിത്യവും വൃദ്ധവുമാണ് ഇനി മിഥ്യ എന്ന് പറയുന്നു ഇത് മനസ്സിലാകാത്തതിനാണ് പറയുന്നത് മിഥ്യ മിഥ്യയ്ക്ക് അത്രയും അർത്ഥമുണ്ട് ഇത് മനസ്സിലാകുന്നില്ല പ്രപഞ്ചം മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാകുന്നത് എന്നുവെച്ചാൽ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയവിവര്യങ്ങളുണ്ടെന്നാണ് അതിന്റെ അർത്ഥം പ്രപഞ്ചമിഥ്യ മറിച്ച് പ്രപഞ്ചം സത്താണ് സേവ ഇതം ശബ്ദബുദ്ധിവിഷയത അവസ്ഥാന താല്പര്യം ഒന്നാണ് മനസ്സിലായില്ലെങ്കിൽ രണ്ടായിട്ട് തോന്നും ബ്രഹ്മം വേറെ പ്രപഞ്ചം വേറെ മനസ്സിലായാൽ ഒന്നായിട്ട് തോന്നും അല്ലെങ്കിൽ ഇതിനെങ്ങനെ അദ്വൈതമാകും രണ്ടെണ്ണം വന്നു ഒരു സത്യമായ ബ്രഹ്മവും ഒരു മിഥ്യയായ പ്രപഞ്ചവും കൂടെ വന്നു ഇവിടെ എങ്ങനെയാണ് അദ്വൈതം സംഭവിക്കും ഏകത്വം എങ്ങനെ സംഭവിക്കും സ്നേഹനാനാസ്തിക്കിഞ്ചന എന്ന് പറയുന്ന ശ്രുതിവാക്യം ഇങ്ങനെ ശരിയാകും മിഥ്യ എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ഏതിനെയാണ് ഇവിടെ സത്തല്ലാതെ രണ്ടാമതൊന്നില്ലെങ്കിൽ മിഥ്യ എന്ന് പറഞ്ഞാൽ എന്തിനാ നിഷേധിക്കാൻ പറ്റും അപ്പൊ മിഥ്യ എന്ന് പറയുന്നത് നിഷേധിക്കാനുള്ളതല്ല മിഥ്യ എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് സ്വന്തം അറിവില്ലായ്മയാണ് നിഷേധിക്കുന്നത് അല്ലാതെ ബാഹ്യമായി മിഥ്യ എന്ന് പറഞ്ഞിവിടെ നിഷേധിക്കാവുന്നില്ല അറിവില്ലായ്മ നിഷേധിക്കുന്നത് അതിനാണ് തത്വമസിയുടെ ആവശ്യം ഗുരുവിന്റെ ആവശ്യമുണ്ട് ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ട് ശ്രവണം മനനം അത് നമുക്ക് വേണമെങ്കിൽ മിഥ്യ എന്ന് പറയാം നിഷേധാറില്ല സംസ്കൃതത്തിൽ നബ്ദം മഞ്ഞെന്ന് പറയും വയ്യാകരണന്മാർ മഞ് അതേ അർത്ഥമുണ്ട് മിഥ്യ അപ്പൊ ഇതൊക്കെ നിഷേധിക്കാൻ അറിവില്ലായ്മ നിഷേധിക്കാൻ വേണ്ടി പറയുക സതേവ ഇതം ശബ്ദ ദൂഷ്യത അവസ്ഥാന അതുകൊണ്ടെന്താണോ പ്രാഗുത്പത്ത് രസദേവാസി മുൻപ് എല്ലാം അസത്തായിരുന്നു ഇതം ശബ്ദവാച്യം ഇതോ എന്ന് പറയാൻ ഉണ്ടായിരുന്നില്ല ഇതാനും ഇതം ജാതം ഇപ്പം ഇതെല്ലാം ഉണ്ടായി ഇങ്ങനെയൊക്കെ ധരിക്കണോ ഇങ്ങനെയൊന്നും ധരിക്കണ്ടെന്നാ പറയുന്നത് കാരണം നമ്മളിങ്ങനെയാ ധരിക്കുന്നു അസത്തായിരുന്നു ഇതം ശബ്ദവാചികമായ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതെല്ലാം ഇപ്പോൾ ഉണ്ടായി സൃഷ്ടിയിൽ സൃഷ്ടിക്ക് ശേഷം ഉണ്ടായി അതല്ല പറയും സദൈവ ഇതം ശബ്ദ ബുദ്ധി വിഷയതായ അവസ്ഥാന സത്ത് തന്നെയാണ് ഈ ഇതം ശബ്ദ ബുദ്ധിക്ക് വിഷയമായിരിക്കുന്നത് യഥാ ദൃഷ്ടാന്തത്തിലൂടെ പറയും മൃദൈവ പിണ്ടാതി ശബ്ദബുദ്ധി വിഷയത്തിനുഷ്ടത്തെ വീണ്ടും അദൃഷ്ടാന്തത്തിലേക്ക് പോവുക അവിടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താണ് മിഥ്യാത്വം എന്ന് മനസ്സിലാവുക അമൃത്ത് തന്നെ പല രൂപത്തിലിരിക്കുന്നു പല രൂപത്തിലിരിക്കുകയാണെങ്കിൽ മൃത്ത് തന്നെയാണതെങ്കിലും ഒരു സംശയമില്ല പിന്നെ അവിടെ എന്താ മിഥ്യെന്ന് പറയാം നമുക്ക് മിഥ്യ എന്ന് പറയാൻ അവിടെ എന്തെങ്കിലുമൊന്നും വേണ്ടേ വിടെയൊന്നു നിങ്ങൾ പറയും മിഥ്യെന്ന് പറയാനുണ്ട് എന്താണ് അതിന്റെ ആകൃതി ഉണ്ടല്ലോ മൃത്തിലില്ലാതിരുന്ന ഒരാകൃതി വന്നപ്പോഴാണ് നമ്മൾ പറയുന്നത് പാത്രമാണ് അത് മിഥ്യയാണെന്നാണ് പറയുന്നതെങ്കിലോ അത് മിഥ്യയല്ല എന്തുകൊണ്ട് എന്താ ആകൃതി ആ മൃത്തിൽ നിന്ന് വേറെയുണ്ടോ എന്നൊന്ന് ഒന്ന് മാറ്റി കാണിക്കരുമോ ഇത് മൃത്ത് മൃത്തിന്റെ ആകൃതി അങ്ങനെ മാറ്റാമെങ്കിൽ സമ്മതിക്കാം എന്താണ് അത് മിത്യാണ് ഇല്ലാത്തതാണെന്ന് പറയാം പക്ഷെ അത് മാറ്റാൻ കഴിയുന്നില്ലല്ലോ അത് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ മൃത്തു മാത്രം സദൈവ ഇതം എന്നുള്ള ശബ്ദ ബുദ്ധിയിലൂടെ അറിയുന്നത് സർവബവും ആ സത്ത് തന്നെയാണ് രണ്ടാമതൊന്നുമില്ല ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള നിന്റെ അജ്ഞാനം അത് മിത്യാണ് നിന്റെ ഭ്രാന്തി പത്സ്യം ഇതൊക്കെ മിച്ചയാണ് പ്രപഞ്ചം മിത്യമല്ല അതാണ് അദ്വൈതം മനസ്സിലാക്കില്ല സത്താണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഭാഷ തന്നെ മനസ്സിലാക്കണം വിജയ ചുഡാമണി യുദ്ധാന്മാർക്ക് ഒരിക്കലും ഇത് മനസ്സിലാകത്തില്ല ഇത് മനസ്സിലാക്കിയാൽ ഒരാൾക്ക് അദ്വൈതത്തിന്റെ പേരിൽ ശങ്കരാചാര്യത വിമർശിക്കാനും പറ്റത്തില്ല ശങ്കരാചം മനസ്സിലാക്കാതെയാണ് വിമർശിക്കുന്നത് വീണ്ടും ഒരു സംശയം വരുന്നു നനു യഥാമൃ വസ്തുവം പണ്ടഘടാദ്യ സുദ്ധേ വിഷയവസ്തുന്ധനസാ യഥാശ്ക പറയുന്നു മൃത് അത് തന്നെയാണ് മറ്റ് വസ്തുക്കളായിക്കം മാറിയതെല്ലാം സമ്മതിച്ചു യഥാമൃത് വസ്തു ഏവം പിന്നെ പിള്ളാദിവി അതിന് തർക്കമൊന്നുമില്ല ഒന്ന് തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മുടെ അനുഭവത്തിൽ മറ്റു പല പ്രശ്നങ്ങൾക്ക് സമാധാനം പറയേണ്ടതുണ്ട് പറയുന്ന തത്വം മനസ്സിലായി പ്രശ്നങ്ങൾ വീണ്ടും അവശേഷിക്കുന്നുണ്ട് തദ്വത് സത്ബുദ്ധേ അന്യബുദ്ധിവിഷയത് കാര്യസന്യത് വസ്തുധരം സത്തെന്നുള്ള അനുഭവം സത്തെന്നുള്ള ബുദ്ധി സത്തെന്നുള്ള ശബ്ദം നമ്മളറിയുന്നു പറയുന്നു അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ അസ്തിത്വം മാത്രമാണ് അവിടെ നിലനിന്നത് സുഹൃത്തിയിലോ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നുണ്ടോ അവിടെ സത്തെന്നു ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിട്ടൊന്ന് ഏതോ ഒന്നിനും സത്തെന്നും പറയുന്നു സത് എന്നറിയുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ കാണുന്നതെല്ലാം അന്യബുദ്ധിക്ക് വിഷയമാണ് ഇത് പുസ്തകം എന്നറിയുന്നു മേശ എന്നറിയുന്നു വാച്ചെന്നറിയുന്നു അന്യ ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായി കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതും ഒരു എന്താണല്ലോ പ്രപഞ്ചമെന്ന് വിളിക്കുന്നത് ശരി സർവത്ര സത്ബുദ്ധിക്ക് വിഷയം മാത്രമാണ് എങ്കിലിവിടെ ആർക്കും സംശയമില്ല അജ്ഞാനമില്ല വിവരവുമില്ല ചോദ്യമില്ല സമാധാനത്തിന്റെ ആവശ്യമില്ല പക്ഷേ സദ്ബുദ്ധിയുടെ അന്യബുദ്ധി വിഷയത്വ ഇവിടെ നാനാ കാര്യങ്ങൾ നാനാബുദ്ധിക്ക് വിഷയമായിരിക്കും അതുകൊണ്ട് സത്വന്യൽ വസ്തുരം സ്യാ സത്തല്ലാതെ മറ്റ് വസ്തുക്കളെനിക്ക് അംഗീകരിക്കേണ്ടി വരുന്നു എന്തുകൊണ്ടൊരാൾ സത്തിനെ അംഗീകരിക്കുന്നത് കാരണം സത്ത് എന്ന് പറയുന്ന ബുദ്ധിക്കും ശബ്ദത്തിനോ അത് അതേ വ്യക്തി അനുസരിച്ചാണെങ്കിൽ ഇവിടെ മറ്റ് പല ബുദ്ധിക്കും പല ശബ്ദത്തിനും വിഷയമായി ഇവിടെ പലതുമുണ്ട് അതിനെ അംഗീകരിക്കണ്ടേ ഇതിനെല്ലാം കൂടെ എങ്ങനെ അദ്വൈതമാക്കുന്നതെന്നാണ് ഇക്കാര്യ ജാതം ഇക്കാര്യ സമൂഹം എന്നുവെച്ചാൽ ഇവിടെ ഭേദം അനുഭവപ്പെടുന്നുണ്ട് യഥാശ്വാഹു അശ്വത്തെ അറിയുന്നു പിന്നെ ഗോവിനെ അറിയുന്നു അശ്വവും ഗോരും വേറെ വേറെയാണെന്നറിയുന്നു അതുപോലെ സത്തിനെ അറിയുന്നു പ്രപഞ്ചത്തെ അറിയുന്നു സത്തും പ്രപഞ്ചവും വേറെയാണെന്ന് സ്വാഭാവികമായിട്ടും അറിയുന്നുണ്ടല്ലോ ഇതാരും മനഃപൂർവ്വം ചെയ്യുന്നതാണ് ആരുടെയെങ്കിലും കുറ്റമാണ് എന്നിട്ട് നിങ്ങളെന്താ പറയുന്നത് ആ സത് സബ് ബുദ്ധിക്ക് വിഷയമായിരിക്കുന്ന ഒന്ന് സത്യം ബാക്കി അശ്വം ഗോ എന്നെല്ലാം അതിനൊന്നും നിലനിൽപ്പില്ല എന്നുവെച്ചാൽ സ്വന്തമായി നിലനിൽപ്പില്ല അതും സത്താണെന്ന് പറയുന്നു സത് ബുദ്ധിക്ക് വിഷയമായതിനെ സത്തൊന്ന് അശ്വബുദ്ധിക്ക് വിഷയമായ അശ്വന്ന് തന്നെ അംഗീകരിക്കും ഗോബുദ്ധിക്ക് വിഷയമായ ഗോവന്ന് തന്നെ അംഗീകരിക്കും ചോദ്യം വളരെ യുക്തിയുക്തമാണ് കാരണം വിവരം വിവരമുള്ളവന്റെ അടുത്ത് പറഞ്ഞിട്ടേ കാര്യമുള്ളു അല്ലാത്തവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട് അല്ലാത്തവൻ്റെ അടുത്ത് പറഞ്ഞാൽ അവന് വിഴുങ്ങും ചവയ്ക്കാതെ കഴിഞ്ഞു വിവരമുള്ളവന്റെ അടുത്ത് പറഞ്ഞാൽ അവൻ ചവച്ചിട്ട് ദഹിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് മൂഢന്റെ അടുത്ത് തത്വമസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും ഞാനിയാവും ഞാൻ ബ്രഹ്മൻ തന്നെയാണ് അവന്റെ മനസ്സിലൊരു സംശയം ഉണ്ടാവും ചിന്തിക്കുന്നവന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിന്തിക്കും ചോദ്യം ചോദിക്കും അതെങ്ങനെ ശരിയാകും അവനെ ഇത് പ്രയോജനം ചെയ്യത്തുള്ളു ചിന്തിക്കുന്നവനെ ശ്രദ്ധയും മൂഢതയും രണ്ട് രണ്ടാണ് ശ്രവണമെന്ന് പറയുമ്പോ കണ്ണും വെടിച്ച് വായും പൊളിച്ചടിക്കുന്നതുണ്ട ശ്രവൺ ൂർവപക്ഷം വരണം മനസ്സിൽ ചോദ്യം എന്ത് എന്തുകൊണ്ട് അതങ്ങനെ പറഞ്ഞു അതിനുള്ള കെൽപ്പം ഉണ്ടാവണം മനസ്സിൽ എന്നാലും അത് ശരിയാകും അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും ചോദ്യം ചെയ്യുക അതെങ്ങനെ ശരിയാകും ബുദ്ധിയുള്ള തന്നെ അത് ചോദിക്കാൻ പറ്റും അവന് ചോദിക്കുന്നത് ശരിയാണല്ലോ ചോദ്യം വളരെ ശരിയാണ് യുക്തിയുക്തമായ ചോദ്യമാണ് സമാനം പറയുന്നു ചോദ്യം ശരി തന്നെ പക്ഷെ അത് അദ്വൈതമാണ് അദ്വൈതത്തിലെന്താണോ പിണ്ട ഘടാധീനം ഇതര വിചാരിമൃത്വ്യചാര അതും വലിയൊരു തത്വത്തെയാണ് പറയുന്നത് ഇവിടെ ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ട് നാനാ ശബ്ദ നാനാബുദ്ധിക്ക് വിഷയമായി ഇവിടെ പ്രപഞ്ചത്തിൽ നാനാത്ത ഉണ്ട് അശ്വവും ഗോവും വന്ന അദ്വൈതം പറയുന്നു രണ്ടും രണ്ടെന്ന് തന്നെയാണ് പറയുന്നു അശ്വം വരെ ഗോവരെ ഇത് അദ്വൈതത്തിന്റെ ഒരു ദൌർബല്യമാണ് അദ്വൈതത്തിൻ്റെ ഒരു പഴുതാണ് ഈ ഒരു പഴുതുപയോഗിച്ചിട്ടാണ് അദ്വൈതത്തിന്റെ പേരിൽ കൊള്ളരുതാത്തതും നല്ലതും എല്ലാം വന്നത് ഇവിടെ അംഗീകരിക്കുന്നു എന്താണോ അശ്വല്ല ഗോ ഗോവല്ല അശ്വം രണ്ടിനും ഭേദമുണ്ട് ഇത് അംഗീകരിച്ചേ പറ്റൂ ഭേദത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല ഗുരുവിശേഷനും ഇല്ലെങ്കിൽ പിന്നെ ആരാരോട് അദ്വൈതം പറയും അപ്പൊ ഒരു ഭേദത്തെ അദ്വൈതം നിഷേധിക്കുന്നില്ല അത് നിഷേധിക്കുന്നല്ല അദ്വൈതം അതുകൊണ്ട് അദ്വൈതിക്ക് ഉണ്ണേണ്ട ആവശ്യമുണ്ടോ ഉടുക്കേണ്ട ആവശ്യമുണ്ടോ ഉറങ്ങേണ്ട ആവശ്യമുണ്ടോ എല്ലാം അദ്വൈതമല്ലേ എന്നൊക്കെ സാധനം ചോദിക്കാറുണ്ടോ അദ്വൈതിക്ക് അതിന് സമാധാനം ഉണ്ട് എന്താണോ അദ്വൈതത്തിൽ ഈ ഭേദങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട് അത്തരമൊരു ഭേദം സംഭവിക്കാമോ എന്നുള്ള രീതിയിൽ സംഭവിക്കാം ഭേദദൃഷ്ടി അദ്വൈതത്തിൽ സംഭവിക്കാം അദ്വൈതമെന്ന് പറയുന്ന അഭേദദൃഷ്ടി അല്ലേ പിന്നെ അതിനങ്ങനെ വാസുദേവ സർവമിധി അതല്ലേ അത് ശരിയാണ് പക്ഷെ അദ്വൈതിക്ക് അദ്വൈതി പറയും എന്താണോ വാസുദേവ സർവമിധി സർവവും വാസുദേവൻ തന്നെ പക്ഷെ പശുവാസുദേവൻ കുതിരവാസുദേവൻ ഇങ്ങനെ അദ്വൈതിക്ക് മനസ്സിലാവും അശ്വ അങ്ങനെ മനസ്സിലാവും എല്ലാം വാസുദേവൻ തന്നെ പക്ഷെ അതിങ്ങനെയാണ് അശ്വവാസുദേവൻ ഭൂവാസുദേവനാണ് എന്ന് പറഞ്ഞാൽ ഭേദത്തെ അദ്വൈതം നിരാകരിക്കുന്നില്ല എന്നോട് ഇത് നിരാകരിക്കുന്നതാണ് നമ്മുടെ ധാരണ അതുകൊണ്ടാണ് അദ്വൈതാചാര്യന്മാരും വ്യവഹാരത്തിൽ ഭേദബുദ്ധികളായിരിക്കുന്നത് പിന്നെ ഭേദത്തിൽ വ്യവഹാരം ഭേദത്തെ ആശ്രയിച്ച് വ്യവഹാരം നൽകും അദ്വൈതത്തെ ആശ്രയിച്ച് വ്യവഹാരമില്ല അടുത്ത് പറയും ഭാഷകാരം തന്നെ പറയും എന്താണ് ചേട്ടാ ചോദിത്തേ വാക്കും മനസ്സും ഒന്നും എത്താത്തതോണതിനെ ആശ്രയിച്ചു വ്യവഹാരം നടക്കും ഭേദത്തെ ആശ്രയിച്ച വ്യവഹാരം അപ്പൊ ആ ഭേദത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരത്തിൽ ശരിയും തെറ്റും ധർമ്മവും അധുർമ്മവും എല്ലാം അവരുടെ നീതിബോധത്തെ ആശ്രയിച്ചിട്ടാണ് അദ്വൈതത്തെ ആശ്രയിച്ചിട്ടുണ്ട് ധർമ്മം അധർമ്മം സത്യം അസത്യം സദാചാരം ദുരാചാരം എല്ലാം അവരവരുടെ നീതിബോധത്തെ ആശ്രയിച്ചിട്ടാണ് അതൊക്കെ ശരിയായ രീതിയിലായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിൻ്റെ സംസ്കാരം ഉണ്ടെങ്കിൽ അതങ്ങനെ ആകും അത് വ്യവഹാര ബുദ്ധി എന്ന് പറയും അദ്വൈതത്തിലും വ്യവഹാരം വ്യവഹാര ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് അതാണ് ഇവിടെ ഭക്ഷണം പറയുന്നത് പിണ്ടപിടാതീനാം ഇതരേതര വിഭിചാര വി മൃത്വ അഭ്യവിചാര പറയുന്നു അതെല്ലാം വേറെ വേറെ തന്നെയാണ് പിണ്ടം വേറെ കപാലം വേറെ ചൂർണം വേറെ അത് വേറെ തന്നെയാണ് പിന്നെ അവിടെ എന്താണോ മൃത്ത് അപയോഗിച്ചത് അവിടെ ആ മൃത്ത് അതിന് മാറ്റമില്ലെന്നേ അദ്വൈതം പറയുന്നുള്ളൂ അദ്വൈതത്തിൽ ദ്വൈതമുണ്ട് അദ്വൈതത്തെ അദ്വൈതി അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അദ്വൈതത്തിന് ചിലടുത്ത് പാരമാർത്ഥികം വ്യാവഹാരികം എന്നൊക്കെ രണ്ടായിട്ടിരിക്കുന്നു സാങ്കേതികമായിട്ട് ഇവിടെ അത്തരം സന്നങ്ങളൊന്നും ഉപയോഗിക്കാതെ പക്ഷുകാരൻ നേരിട്ട് പറയുന്നു ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിരിക്കുന്ന ഈ പ്രപഞ്ചം ശബ്ദത്തിനും ബുദ്ധിക്കും വിഷയമായിരിക്കുന്ന ഈ പ്രപഞ്ച ഭേദം ഇത് അനുഭവത്തിനിങ്ങനെ വിഷയമായിരിക്കന്നെ ഇവിടെ പരമാർത്ഥമായിരിക്കുന്നത് ആ സത്താണ് ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന സത്താണ് അതിനകത്ത് അദ്വൈതം കൊണ്ട് ഈ വ്യവഹാരത്തിലെ ഭേദം നിഷേധിക്കാൻ സാധ്യത അപ്പോ അദ്വൈതയുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം വ്യവഹാരത്തെ ആശ്രയിച്ചിട്ടാണ് അദ്വൈതത്തിൽ വ്യവഹാരമില്ല അദ്വൈതമ ഈ വാക്കില്ല ചിന്തയില്ല പ്രവൃത്തിയില്ല ഉദാഹരണം സുഷൃതിയാണ് അവിടെ അദ്വൈതമാണ് അവിടെ വ്യവഹാരമില്ല ഗുരുവില്ല ശിഷ്യനില്ല അവിടെ ഒന്നുമില്ല തത്വം മാത്രം ഇവിടെ ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നു ആചരിക്കുന്നു അത് വ്യവഹാരമാണ് വ്യവഹാരം ഭേദത്തെ ആശ്രയിച്ചെന്നുള്ള അത് മനസിലാക്കിക്കഴിഞ്ഞാൽ ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ച് ഒരാശക്കുഴപ്പം വരും അദ്വൈതാചാര്യന്മാരുടെ നിലപാടുകൾ നമ്മൾ ശങ്കരായ വിമർശിക്കാറുണ്ടല്ലോ നമ്മളല്ല ഞാൻ നിങ്ങളല്ല ഈ വ്യവഹാര ദൃഷ്ടിയിലാണ് ആ വ്യവഹാരത്തെ ആശ്രയിച്ചത് ആ കാഴ്ചപ്പാട് ശരിയല്ല ഈ കാഴ്ചപ്പാട് ശരിയല്ല എന്നുള്ള തത്വത്തിൻ്റെ നിലയിൽ വ്യവഹാരത്തിൽ ആരും തന്നെ വിമർശനത്തിന് അതീതരല്ല അത് വ്യവഹാരത്തിന് സ്വഭാവമാണ് അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല തത്വത്തിൽ അങ്ങനെയല്ല രണ്ടും രണ്ടു കാര്യവും അതിവിടെ ഭാഷകാരനും അംഗീകരിക്കുന്നു എല്ലാം വൃത്തം എന്ന് പറഞ്ഞാൽ ചൂർണം കപാലം പാത്രം ഇങ്ങനെ വേറെ ഇല്ലെന്നുണ്ടാർക്ക് അതൊക്കെ വേറെ വ്യവഹാരത്തിൽ അതുണ്ട് അതിന്റെ തത്വം ഒന്നാണ് ആ കാര്യം ഇതിനെ തുടർന്ന് കുറച്ചുകൂടി വിശദമാകുന്നു